അധ്യായം അൻപത്തിരണ്ട് മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിൽവതത്തെക്കുറിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് അദ്ധ്യായത്തിന് ഈ പേർ നൽകപ്പെട്ടത്വതം തന്നെയാണ് സത്യം എഴുതപ്പെട്ട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 പർവതങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്നു നീങ്ങി സഞ്ചരിക്കുകയും ചെയ്യുന്ന ദിവസം അന്നേ ദിവസം സത്യനിഷേധികൾക്കാകുന്നു നാശം അതായത് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർ നരകാഗ്നിയിലേക്ക് ശക്തിയായി പിടിച്ചു തള്ളപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും ഇതത്രേ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞിരുന്ന أَفَ سِحْرٌ هَذَا أَمْ أَنْتُمْ لَا تُبْصِرُونَ أَبْبُولْ إِذْ مَآيَا جَالَ مَانُوْمْ أَذَ أَلَّا نِنْغَلْ كَانُونْ إِلَّنْ دُنْدُوْمْ إِصْلَوْهَا فَصْبِرُوا أَوْ لَا تَصْبِرُوا سَوَاءٌ عَلَيْكُمْ إِنَّمَا تُجْزَوْنَ مَا كُنْتُمْ تَعْمَلُونَ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 സ്വർഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും തങ്ങളുടെ രക്ഷിതാവ് അവർക്കു നൽകിയതിൽ ആനന്ദം കൊള്ളുന്നവരായിട്ട് ജ്വലിക്കുന്ന നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അവരുടെ രക്ഷിതാവ് അവരെ കാത്തു ചെയ്യും അവരോട് പറയപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ സുഖമായി തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക ഇട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവൻ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണചേർത്തു കൊടുക്കുകയും ചെയ്യും വല്ലദീന ആമനൂ വത്തബഅതും ദുർരിയതുഹു ബിഈമാനിൻ അൽഹഖുനാ വത്തബഅതും ദുർരിയതുഹു ബിഈമാനിൻ അൽഹഖുനാ ബീഹിം ദുർരിയതഹു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 ായും നാം മുമ്പേ അവനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു തീർച്ചയായും അവൻ തന്നെയാകുന്നു ഔതാര്യവാനും കരുണാനിധിയും ആകയാൽ നീ ഉത്ബോധനം ചെയ്യുക നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ നീ ഒരു ജോത്സ്യനോ ഭ്രാന്തനോ അല്ല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 തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്ന അതല്ല അവരുടെ മനസ്സുകൾ അവരോട് ഇപ്രകാരം കൽപ്പിക്കുകയാണോ അതല്ല അവർ ധിക്കാരികളായ ഒരു ജനത തന്നെയാണോ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 അതല്ല അവർക്ക് അള്ളാഹുവല്ലാത്ത വല്ല ദൈവവുമുണ്ടോ അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനായിരിക്കുന്നു ആകാശത്തുനിന്ന്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 يَوْمَ لَا يَنفَعُ عَنْهُمْ كَيْدُهُمْ شَيْئًا وَلَا هُمْ يُنْصَرُونَ അവരുടെ కుതന്ത്രം അവർకు ഒട്ടും പ്രയോജനം ചെയ്യാത്ത അവർക്ക് സഹായം ലഭിക്കാത്ത ഒരു ദിവസം وَإِنَّ لِلَّذِينَ ظَلَمُوا عَذَابًا دُونَ ذَلِكَ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ തീർച്ചയായും <تصفيق>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 നീ എഴുന്നേൽക്കുന്ന സമയത്ത് നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക രാത്രിയിൽ കുറച്ചു സമയവും നക്ഷത്രങ്ങൾ പിൻവാങ്ങുമ്പോഴും നീ അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക